അവൻ ആകാശത്തുനിന്ന് മഴ പെയ്ച്ചു അപ്പോൾ ഓരോ താഴ്വരകളും അവയുടെ അളവനുസരിച്ചൊഴുകി ആ പ്രവാഹത്തിൽ ഉയർന്നുപൊങ്ങുന്ന പതയുണ്ടായിരുന്നു ആഭരണങ്ങളോ ഉപഭോഗ ഉണ്ടാക്കാൻ അവർ തീയിട്ടൊരുക്കുന്നതിലും അതുപോലെ പതയുണ്ടാകുന്നു സത്യത്തെയും അസത്യത്തെയും അള്ളാഹുസുബഹാനുഹൂവ ചായാല ഇപ്രകാരം ഉപമിക്കുന്നു പത വെറുതെ പോയില്ലാതാകുന്നു എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായത് ഭൂമിയിൽ അവശേഷിക്കുന്നു അള്ളാഹുസുബഹാനുഹൂവ ചായാല ഇപ്രകാരം ഉദാഹരണങ്ങൾ വിവരിക്കുന്നു